ഒരാളും ഇനി ഉമാറയുടെ അവകാശം ചോദിച്ചു വരില്ല നിങ്ങൾ ഉൾമാറ എടുത്തോളൂ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു തരണം ഉമാറയെ നിങ്ങൾ മകനായി സ്വീകരിച്ചോളൂ അപ്പോൾ അബു താലിബ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അള്ളാഹു സത്യം നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് ീക്കം ഓർത്തിന നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എനിക്ക് തരാ എന്നിട്ട് ഞാൻ അതിനെ വളർത്തണം ഞാൻ എന്റെ കുട്ടിയെ നിങ്ങൾക്ക് തരാ എന്നിട്ട് നിങ്ങൾ എന്റെ കുട്ടിയെ കൊന്നുകളയും ഇതെന്ത് നീതിയാണ് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എനിക്ക് തന്നിട്ട് ഞാൻ അതിനെ വളർത്തണം എന്റെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊന്നുകളയും ചെയ്യും അതെന്ത് നീതിയാണ് ഇതൊരിക്കലും നീതിയല്ല അപ്പോൾ അവർ അവരിൽപ്പെട്ടാൽ മുത്തായിമുബിന് അതി അദ്ദേഹം പറഞ്ഞു അബു താലിബ് നിന്റെ സമൂഹം നിന്നോട് വളരെ നീതിയിലാണ് ഇത്രയും കാലം പെരുമാറിയത് പക്ഷെ നീ അവരോട് നല്ല രൂപത്തിലല്ല നിൽക്കുന്നത് അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല അബു താലിബ് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു ഞാൻ പേടിക്കുന്നില്ല അബു താലിബിന് ഈ ധൈര്യം വരാനുള്ള കാരണങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട് അദ്ദേഹം നന്നായി ജനങ്ങളെ സഹായിച്ചിരുന്നു ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ട് കുറൈശികളിലെ യുവാക്കൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറായിരുന്നു അതെരുന്നു അബു ധൈര്യം ഒരിക്കൽ വസ്ല്ലമേ കാണാനില്ല എന്ന വാർത്ത പറഞ്ഞു അബു താലിബ് വീട്ടിൽ വന്നപ്പോൾ യെ കാണാനില്ല വളരെ വൈകിയിട്ട് നബിയെ തിരിച്ചു കാണാനില്ല അപ്പോൾ അദ്ദേഹം കൊറേശ്ശികളിലെ കുറെ യുവാക്കളെ വിളിച്ചു കൂട്ടി എല്ലാവരോടും വാളെടുത്തു വരാൻ പറഞ്ഞു അവരെല്ലാവരും കൈകളിൽ വാളുമേന്തി അബു അടുക്കൽ വന്നു ധാരാളം യുവാക്കൾ കൊറേശ്ശികളിൽ ധാരാളം യുവാക്കൾ ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല അങ്ങനെ അബു പറഞ്ഞു നമുക്ക് കടയിലേക്ക് ചെല്ലാം അവിടെ കൂട്ടം കൂടി ഇരിക്കുന്ന കുറൈശികളുണ്ട് അതിൽ അബൂജഹൽ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാം അബൂജഹലിനെ കണ്ടുപിടിക്കുക മുഹമ്മദിന് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അവനൊരു പങ്കന്തായാലും ഉണ്ടായിരിക്കും അവനെ ആദ്യം പിടികൂടണം അങ്ങനെ ഒരു തീരുമാനിച്ച് മക്കയിലേക്ക് പുറപ്പെടാൻ കബയിലേക്ക് പുറപ്പെടാനിരിക്കുന്ന സന്ദർഭത്തിൽ ഫസൂൽ അള്ളഹിന്റെ സഹാബിമാരിൽ ഒരാൾ അവിടേക്ക് വന്നു ഒരു ചോദിച്ചു എങ്ങോണ്ടാണ് അപ്പോൾ അബൂ താലിബ് ചോദിച്ച് മുഹമ്മദിനെ കണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞ ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എവിടെയുണ്ട് മുഹമ്മദ് അർക്കമിൻ്റെ വീട്ടിലുണ്ട് അബൂ താലിബ് പറഞ്ഞു എനിക്ക് അവൻ ഇപ്പോൾ കാണണം ഇദ്ദേഹം തിരിച്ചു ഓടി റസൂളയുടെ അടുക്കലേക്ക് ഓടി ചെന്നു എന്നിട്ട് റസൂളയെ ഓടിച്ചുകൊണ്ട് അബൂ താലിബിന്റെ അടുക്കൽ വന്നു അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ഉടനെ അബൂ താലിബ് പറഞ്ഞ് വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു റസൂള വീട്ടിലേക്ക് കയറി ചെന്നു അടുത്ത ദിവസം പുലർച്ചെ ആയപ്പോൾ തന്നെ അബു താലിബ് ഈ യുവാക്കളെയും കൂട്ടി കബക്കണം എന്നിട്ട് മുഷിരിക്കുന്നിൽ നിർത്തിക്കൊണ്ട് മുഷിരിക്കുന്നിൽ നിർത്തിക്കൊണ്ട് അബു അദ്ദേഹം പറഞ്ഞു കളെ ഇന്നലെ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയുമോ അവർ പറഞ്ഞു എന്താണ് അബു താലിബ് പറഞ്ഞു മുഹമ്മദിനെ ഇന്നലെ കാണാതായപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന് നിങ്ങളുമായി യുദ്ധം ചെയ്ത് നിങ്ങളെ കൊന്നുകളയാനാണ് ഞാൻ തീരുമാനിച്ചത് എന്നിട്ട് അദ്ദേഹം തന്റെ പിന്നിൽ നിൽക്കുന്ന യുവാക്കളോടായി പറഞ്ഞു വാളുകൾ പുറത്തേക്കെടുക്കാൻ പറഞ്ഞു അവർ വാള് വാൾ ഉറി പിടിച്ചു നിന്ന് അബു താലിബിന്റെ പവറായിരുന്നു അത് ഉറൈഷികൾക്കിടയിൽ അബു താലിബിൻ ഉണ്ടായിരുന്ന സ്ഥാനമാണ് വെറുതെ എല്ലാം അവർ പേടിച്ചത് അദ്ദേഹം വളരെ വയസ്സുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു പ്രൈവിശികൾക്കിടയിൽ മക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് യുവാക്കൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഈ രൂപത്തിൽ അണിനിരക്കുന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അബൂ പാലിബിന് തൊടുക എന്നത് അവർക്ക് പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം വളരെ വലുതായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അബൂ പാലിബ് For? െ നിങ്ങളിൽ ആരെങ്കിലും തൊട്ടാൽ മുഹമ്മദിനെ കൊല്ലുക എന്നതിന് നിങ്ങൾ ആരെങ്കിലും മുതിർന്നാൽ ഞാൻ ഇവരുമായി തിരിച്ചു വരണം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടും ആരെങ്കിലും ഒരാൾ ബാക്കിയാകുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്യുന്നു അത് കേട്ടതോടുകൂടി കുറേശ്ശികൾ റസൂൽ അള്ളാഹിഹു അലി വസ്ലമെ ഉപദ്രവിക്കുക എന്നതിൽ നിന്ന് ഏറെക്കുറെ പിന്നോട്ട് നിൽക്കാൻ തുടങ്ങി ഇങ്ങനെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അബൂ താലിബ് റസൂൽഹിസല്ലാഹു അലിഹി വസ്സലമെ സംരക്ഷിച്ചതിന്റെ ചരിത്രം വായിച്ചാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു മുഷരിക്കും ഇതുപോലെ ബീനനെ സഹായിച്ചിട്ടുണ്ടായിരിക്കുകയില്ല എത്ര വലിയ സഹായമാണ് അബു താലിബ് റസോൾക്ക് നൽകിയത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബിസലഹ് അലി വസല്ലമക്ക് അയാൾ കാസറായി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വേദന എത്ര മാത്രമായിരുന്നു അതിനു മാത്രം വലിയ സഹായമാണ് ബിസലള്ളാഹു അലി വസ്ലമക്ക് അബു താലിബ് നൽകിയത് അത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന സംഭവമാണ് ശരി ഏതാണ്ട് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകുന്ന പ്രതാ പ്രതാപം നൽകുന്ന രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടു പേർ മുസ്ലിമായി ആ രണ്ടുപേരുടെ ഇസ്ലാം സ്വീകരണം അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതുപോലെയായിരുന്നില്ല മുസ്ലിമീങ്ങൾക്ക് പ്രതാപം വർദ്ധിക്കുന്ന അവർക്ക് മക്കയിൽ കുറച്ചൊക്കെ തല ഉയർത്തി നടക്കാൻ സാധിക്കുന്ന പരസ്യമായി കബത്തോഫ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു അതിനൊന്ന് മുഷിരിക്കുകൾ തന്നെ കാരണമായതാണ് ഒരിക്കൽ സല്ലു അലി വസ്ല്ലം കബയുടെ അടുക്കൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അബൂജഹൽ റസൂള്ളയുടെ അടുക്കൽ ചെന്ന് അവിടുത്തെ ചീത്ത കണ്ണുപൊട്ടുന്ന രൂപത്തിൽ ചീത്ത വളരെ മോശമായ ചീത്ത വിളിച്ച് റസൂണുള്ള ഒന്നും തിരിച്ചുമണ്ടിയില്ല അങ്ങനെ നബ്സുള്ള അലി വസ്ലം അവിടുന്ന് പിരിഞ്ഞുപോയി അബുജഹലും തിരിച്ചുപോയി സൊഫാ കുന്നിന്റെ അടുക്കൽ വീടുണ്ടായിരുന്ന അബ്ദുവാഹിബിൻ ജാന്റെ വേലക്കാരിൽപ്പെട്ട ഒരാൾ അടിമകളിൽപ്പെട്ട ഒരു സ്ത്രീ ഈ സംഭവം മുഴുവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപൂജഹലി ചീത്ത വിളിക്കാം മഹാവൃത്തികെട്ട ചീത്തകൾ വിളിക്കാം റസൂറുകളൊന്നും ഇണ്ടുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചുപോയ ഉടനെ തന്നെ തന്റെ വില്ലും വേട്ട കഴിഞ്ഞ് ഹംസത്ത് ബിൻ അബ്ദുൽ മുഖ്ല കാബയുടെ അടുക്കലേക്ക് വന്നു അദ്ദേഹം വേട്ട വേട്ടയ്ക്ക് പോയതായിരുന്നു കയ്യിലെ അമ്പുണ്ട് വില്ലുണ്ട് അദ്ദേഹം കഥയിലേക്ക് പ്രവേശിച്ച ഉടനെ ഈ സ്ത്രീ ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ സഹോദരന്റെ മകനല്ലേ മഹമ്മദ് ഇപ്പോൾ അബൂജഹൽ അവനെ ചെയ്തത് നിനക്കറിയോ എത്ര മോശമായ ചീത്തയാണ് അവനെ വിളിച്ചത് എൻ്റെ കുടുംബക്കാരനല്ലേ അത് കേട്ടപ്പോൾ ഹംസ അറബി അള്ളാഹു അദ്ദേഹം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്നു നെഹ്ര അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്നു അവന് കണ്ട ഉടനെ കയ്യിലുള്ള വില്ലെടുത്ത് തലക്കുറികൾ കൊടുത്തു ഇവൻ അതോടുകൂടി താഴ്ത്തു കൊണ്ട് എന്നിട്ട് അബുജഹൽ അവന്റെ മേലെ കയറുന്നതുകൊണ്ട് ഹംസ പറഞ്ഞു മുസ്ലിം ആയതിൻ്റെ പേരിലല്ലേ നീ സഹോദരനെ മുഹമ്മദിനെ ചീത്ത വിളിച്ചത് ഞാനും മുസ്ലിം ആവാണ് നീ എന്നെന്താ പറയാ നീ എന്നെ ചീത്ത പറയാൻ എനിക്ക് ധൈര്യം താ അദ്ദേഹം മുസ്ലിം ആയത് ഒരിക്കലും ഇസ്ലാം പഠിച്ചിട്ടോ ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല മുഹമ്മദിനെ ചീത്ത വിളിച്ചു എന്ന ദേഷ്യമാണ് അദ്ദേഹത്തിനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അതോടുകൂടി അബൂജഹലിന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഹംസക്കെതിരെ എണീച്ച് എഴുന്നേറ്റ് വന്നു അപ്പോൾ അബൂജഹൽ പറഞ്ഞവന് ഒട്ടേക്ക് ഞാൻ മുഹമ്മദിനെ ചീത്ത വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അടിച്ചത് അങ്ങനെ ഹംസ വീട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കാണ് ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് പെട്ടെന്ന് ദേഷ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇവന്റെ മതമാകട്ടെ ഇത് സ്വീകരിച്ചു ഇനി കുറെ അഞ്ച് പൈസന്റെ വില ഇത് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവന്റെ ദീനും പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ പ്രയാസത്തിലായി അന്ന് രാത്രി ഹംസ റബി അള്ളാഹുഅനഹു ഉറങ്ങാതെ കഴിച്ചു കൂട്ടി അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ മഹമ്മദ് സല്ലാമിയുടെ അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് റസൂൾ പറഞ്ഞു മുഹമ്മദ് എന്റെ ജീവിതത്തിൽ ഒരു രാത്രി ഞാൻ ഇങ്ങനെ കഴിച്ചു നീ പറയുന്ന നീ ക്ഷണിക്കുന്ന കാര്യം ഇത് സത്യമാണോ അതല്ല തനിച്ച് വഴികേട് വല്ലതുമാണോ അപ്പോൾ അബ്സല്ലാഹു വല്ലാമ ഹംസയെ വിളിച്ചടുത്തിരുത്തി അവിടുന്ന് ധാരാളമായി സംസാരിച്ചു ഹംസയുടെ മനസ്സിന് തണുപ്പേകുന്ന സ്വസ്ഥത കൊടുക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഹംസി അള്ളാഹു അനഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ തണുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടത് പറഞ്ഞു കൊടുത്തു അല്ലാ ഇലഹാദു ഇതാണ് ഒന്നാമത്തെ സംഭവം ഹംസി അള്ളാഹു അനഹു മക്കയിൽ നല്ല ശക്തി ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയാണ് നൽകിയത് രണ്ടാമത്തെയാൽ നബിസ് അയാളെ കാണുമ്പോഴെല്ലാം റസൂൾ ഉള്ള പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു ഇയാളെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി നൽകണമേ റസൂൾ ഉള്ള ചിലപ്പോൾ അബൂജഹലിനെയും ഇയാളെയും കണ്ടാൽ പ്രാർത്ഥിക്കും അള്ളാഹു ഈ രണ്ടാൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണമെന്ന് ചിലപ്പോൾ റസൂൾ പറയും അള്ളാഹു എന്ന് നിനക്ക് ഈ രണ്ട് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇസ്ലാം ഇസ്ലാമിനെ സഹായിക്കണമേ അള്ളാഹു അനുഭവമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന്റെ ചരിത്രത്തെ തീർത്തും വഴിമാറ്റി തിരിച്ചു കളഞ്ഞ സംഭവമാണ് അബുൽ മസ്ഹുദ് അള്ളാഹ്ഹു പറഞ്ഞതുപോലെ റമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിംങ്ങൾ പരസ്യമായിസ്കരിച്ചത് റോമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിമുകൾ പരസ്യമായി പവാഫ് ചെയ്തത് റോമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ അവർ കുറൈശികൾക്ക് മുന്നിൽ എഴുന്നേറ്റി നിൽക്കാൻ തുടങ്ങിയത് ിൽ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം മുസ്ലിം ആയതിനു ശേഷം പിന്നെ മുസ്ലിം ആയ ഞങ്ങൾ യുദ്ധത്തിലാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരണത്തിന് മുൻപുണ്ടായിരുന്ന ചരിത്രമൊന്ന് റമർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുസ്ലിമുകളുടെ ചരിത്രം വേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല കടുത്ത പ്രയാസങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റമർ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ മുസ്ലിംകളിൽ പലർക്കും ഒരുമിച്ച് നിന്ന് ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടായിത്തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചരിത്രം വലിയ ധൈര്യമുള്ള ധൈര്യം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞതായി കാണാം ഹനി റഹ്ബർ ഇസ്ലാം സ്വീകരിച്ചത് ഞങ്ങൾക്കൊരു വിജയമായിരുന്നു ഒരു സത്യായിരുന്നു റഹ്മാറിന്റെ ഹിജറ അത് ഇസ്ലാമിനൊരു സഹായമായിരുന്നു വലിയ പിൻബലമായിരുന്നു അദ്ദേഹം ഹിജറ പോയത് മക്കയിലെ കുറേശികൾക്ക് മുന്നിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും രഹസ്യമായി പാത്തും പതുങ്ങിയിട്ടാണ് പോയത് എന്നാൽ റമർ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹിജറ പോയത് െ അതൊരു കാരുണ്യമായിരുന്നു അള്ളാഹുന്റെ റഹ്മാർ മുസ്ലിം ആകുന്നതുവരെ ഞങ്ങൾക്ക് ചുറ്റു ഭാഗത്ത് നിന്ന് പരസ്യമായി നിസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂൾ അലി വസ്ലം അൾമറിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും റസൂൾ ഉള്ള എത്ര സ്ഥാനം നൽകിയിരുന്നു എന്ന് അമർ സാ പ്രതി അള്ളാഹ് അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങേയറ്റം കാടിഞ്ഞു നിറഞ്ഞതാണ് ഏതുവരെ മുസ്ലിം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ആളുകളിൽ ഒരാളാണ് അമർ സത്താ പ്രതി അള്ളാഹ് റമർ നല്ല ശക്തിയുള്ള ആളാണ് അദ്ദേഹത്തിന് ക്ഷീണിക്കുന്നത് വരെ ചിലപ്പോൾ മുസ്ലിംകൾ അദ്ദേഹം അക്രമിക്കാറുണ്ടായിരുന്നാണ് അദ്ദേഹം നിർത്താനുള്ള കാരണം ക്ഷീണിക്കലാണ് ക്ഷീണിക്കുന്നവരായിരിക്കും അത്ര കടുത്ത മുസ്ലിം വിരോധിയായിരുന്നു നവംബർ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിനോട് ഒരു ചായവുണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അബിസീനിയയിലേക്ക് മുസ്ലിംങ്ങൾ പോയ ഹിജറയാണ് അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ചെറുതാക്കി ഒന്ന് ലോലമാക്കിയിരുന്നു അത് മനസ്സിലാക്കി തരുന്ന ചരിത്രങ്ങളിൽ ഒന്നാണ് ഉം അബ്ദുൽ അലൈലഅ അവർ ഹിജറ പോയ സ്ത്രീകളിൽ ഒരാളാണ് ആമിർബിനു റബിയ എന്ന സഹാബിയുടെ രണ്ടുപേരും ഹിജറ പോയക്കാരാണ് ആമിർബിനുറബിയായുടെ ഭാര്യയാണിത അവർ പറയുകയാണ് ഞങ്ങൾ ഹബിഷയിലേക്ക് അബിസീനയിലേക്ക് ഹിജറ പോകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ആമിറുബിൻ റബിയ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ആമിർ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി യാത്രക്ക് വേണ്ടവർ വസ്തുക്കൾ ഒരുക്കാൻ വേണ്ടി പുറത്തുപോയ സമയത്ത് ഹത്താബ് റബി അള്ളാഹു വീട്ടിലേക്ക് വന്നു അങ്ങനെ അന്ന് റമർ മുസ്ലിം ആയിട്ടില്ല ഞങ്ങളാകട്ടെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സമയമാണ് അങ്ങനെ റമർ എന്റെ അടുക്കൽ വന്ന് എന്നോടായി ചോദിച്ചു ഇൻ നഹുൽ ഇൻ നഹുൽ ഉമ്മ അബ്ദില്ല പോവാണ് അല്ലേ എന്ന് ചോദിച്ചു നിങ്ങളും പോവുകയാണല്ലേ യാത്ര പോവുകയാണല്ലേ എന്ന് അളമർ ഉള്ള സത്താഹ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അള്ളാ അള്ളാഹു സത്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ നിങ്ങൾ ഞങ്ങൾ അതിനു മാത്രം പ്രയാസപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അള്ളാഹുന ഞങ്ങൾക്കൊരു വഴി തുറന്നു വന്നിരിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോവാൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ണാത്ത ഒരു സ്വഭാവം അപ്പോൾ കാണിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അള്ളാഹു നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കട്ടെ ഇത് കേട്ടപ്പോൾ ലൈലാറതി അള്ളാഹു അവർ പറയുകയാണ് നമുക്ക് അടുക്കൽ നിന്ന് ഒരിക്കലും മുന്നെ കണ്ടിട്ടില്ലാത്ത ഒരു പെരുമാറ്റമാണ് അന്ന് ഞാൻ കണ്ടത് അങ്ങനെ ആമർബ് റബി ആ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഈ കഥ അഹമറിനോട് പറഞ്ഞു അപ്പോൾ ആമർബ് റബി ആ തിരിച്ചു ചോദിച്ചു നിന്റെ വിചാരം ഒഹമർ മുസ്ലിം ആകുമെന്നാണോ അപ്പോൾ അവർ പറഞ്ഞു അതേ തീർച്ചയായും മുസ്ലിം ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആമർബി അദ്ദേഹം പറഞ്ഞു നീ കണ്ട ഒമർ ഒമറിന്റെ കഴുത മുസ്ലിം ആയാലും ഒമർ മുസ്ലിം ആവലും ഔമറിന്റെ കഴുത മുസ്ലിം ആയാലും ഒമർ ഒരിക്കലും മുസ്ലിമാകില്ല അതിനു മാത്രം മുസ്ലിംകൾ ഉപദ്രവിച്ച ആളായിരുന്നു ഓമർ റതി അള്ളാഹ്മാനു പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു സുഹാനു ഹോച്ചാല ഹിതായതായിരുന്നു അതിന് പല കാരണങ്ങൾ പല കാര്യങ്ങൾ കാരണമായിട്ടുണ്ട് ആ വിഷയത്തിൽ വന്ന ചില ഹദീസുകൾ ലൈഫാണ് എന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സത്താബ് റതി അള്ളാഹ് സൂറത്ത് ബാഹ കേട്ടതിന് ശേഷമാണ് മുസ്ലിം ആയത് സംഭവം അത് ദുർബലമാണ് എന്ന് പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സീറയുടെ റസോ അള്ളാഹ് ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി പറയപ്പെട്ട കഥയാണ് അമർദ്ദി അള്ളാൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വന്നു സൂറത്ത് വാഹ പാരായണം ചെയ്യുന്നത് കേട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമുണ്ടായി റസോള്ളക്കൽ ചേർന്നു അവിടുന്ന് സംസാരമുണ്ടായി അങ്ങനെ അദ്ദേഹം മുസ്ലിമായി എന്ന സംഭവം വൈഫാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് അദ്ദേഹം മുസ്ലിം ശേഷം അന്ന് അദ്ദേഹം മുസ്ലിം ആകുമ്പോൾ റമറിന്റെ മകനാണ് അബ്ദുല്ലാഹിബിനും അമർ റസോള്ളയുടെ സഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ ഉൾമറിന്റെ അന്ന് ആറു വയസ്സുണ്ട് അല്ലെങ്കിൽ ആ വയസ്സിനോട് അടുത്ത പ്രായമുണ്ട് അബ്ദുല്ലാഹിബിൻ ഉൾമർ റബിഅള്ളഹുന അദ്ദേഹം പറഞ്ഞതായി കാണാം റമർ മുസ്ലിം ആയപ്പോൾ അദ്ദേഹം ആളുകളോട് ചോദിച്ചു നാട്ടുകാർക്കിടയിൽ വാർത്ത പറ്റിയ ഏറ്റവും നല്ല ആധാരാണ് അപ്പോൾ അവർ ചിലർ പറഞ്ഞു കൊടുത്തു പുറേശികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജമീൽ ബുന്മ അമർ അൽജുമാഹി അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് ജമീൽബ്ല അമർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പുറേശികൾക്കിടയിൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല എന്നറിയപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല അത് അദ്ദേഹം പരസ്യമാക്കിക്കളയും ആളുകളോട് വാർത്ത എത്തിക്കുക എന്നത് ചില നാടുകളിൽ ആൾക്കാർ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സ്വഭാവങ്ങളാണ് അങ്ങനെ അമറിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ജമീൽ ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് അത് കേട്ട ഉടനെ ജമീൽ വസ്ത്രം ശരിയാക്കാൻ പോലും നിൽക്കാതെ ഉള്ള വസ്ത്രം ഇട്ടിട്ട് കാബേയിലേക്ക് പോയി എന്നിട്ട് അവിടെ എത്തിയിട്ട് വിളിച്ച് പറഞ്ഞു മാമർ മുസ്ലിം ആയിട്ടുണ്ടോ അമർ മുസ്ലിം ആയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ പരസ്യമായി ചെയ്തിരുന്ന ആളുകളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന വ്യക്തിയാണ് അമർ ഉൾത്താപ്രതി എന്നാണ് അദ്ദേഹത്തിന് ഒരു മർദ്ദനവും ഏറ്റിട്ടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ മർദ്ദനം ഏറ്റാൽ അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ ധൈര്യമായിരുന്നു ശരിക്കുകൾക്കിടയിൽ അദ്ദേഹം ഒരു പേടിയും എല്ലാം ഏറ്റുന്നുണ്ട് അമർ ഉള്ള ഹത്താ ചരിത്രം എന്നത് വേറെ തന്നെ പ്രത്യേകം പറയേണ്ട ചരിത്രമാണ് അതിനു മാത്രം വിശാലമായ ചരിത്രമാണ് അള്ളാഹു സുഹാനുഹുവാല സഹാബികളിൽ രണ്ടാമത്തെ സ്ഥാനം എമറിന് നൽകി അല്ല നബല് അലി വസല്ലം അവിടുന്ന് അബൂബക്കറിനെയും അമറിനെയും വിശേഷിപ്പിച്ചത് രണ്ട് കണ്ണുകൾ തന്നെയാണ് രണ്ട് മനോഹരമായ കണ്ണുകൾ ഇസ്ലാമിന് വേണ്ടി മുന്നിൽ നിന്നിരുന്ന ഹദീസുകൾ നിങ്ങളെടുത്ത് വായിച്ചു നോക്കും ഹദീസുകളിൽ നിങ്ങൾ എത്ര തവണയാണ് റസൂൾ ഉള്ള വന്നു ഒപ്പം അബൂബക്രം ഉണ്ടായിരുന്നു റസൂൾ അങ്ങോട്ട് പുറപ്പെട്ടു ഒപ്പം അബൂബക്രം അമറുമുണ്ട് റസൂഖല്ലയുടെ വലതും എടുത്തും അബൂബക്കർ അമർ നിന്നുഹാന വലിയ പാഠമുള്ളത് ആരാണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആമർ പറഞ്ഞതുപോലെ അമറിന്റെ കഴുത്ത മുസ്ലിമായാലും അമർ ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം പക്ഷെ അള്ളാഹു ഹിതായത് നൽകി അള്ളാഹു ആർക്കാണ് ഹിതായത് നൽകുക നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഹംസ ഇസ്ലാം സ്വീകരിച്ചത് എന്തിനു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇസ്ലാമായിരുന്നില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ദീനു പഠിച്ചത് നീയത്തില്ലാതെയാണ് പക്ഷേ ഞങ്ങളെ നീയത്തുള്ളവരാക്കി മാറ്റി അതുപോലെ ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിനു വേണ്ടിയല്ല പക്ഷെ ഇസ്ലാം അദ്ദേഹത്തെ മാറ്റി അപ്പോൾ അള്ളാഹു സുഹാന ഓരോരുത്തർക്കും എന്താണ് വിധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അവരതിൽ ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യതയായിട്ടുള്ളത് ഇത്രയുമാണ് ഈ ദറസിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈഷ്ലത്തെ ദറസിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാം